കൂടാതെ പ്രത്യയം പ്രകാശിക്കുന്നില്ല ജ്ഞാനം പ്രകാശിക്കുന്നില്ല യും അതുകൊണ്ട് എന്താണ് പ്രത്യേക സൈവേഷ സ്വഭാവം ഇത് പ്രത്യേകത്തിന്റെ ഒരു അസാധാരണ സ്വഭാവമാണ് അതിനകത്തും അസദ് അധീനമസിക്കുന്നത് അല്ലാതെ അസത്തിന് അധീനമായി അതിലെന്തെങ്കിലും ഉണ്ടെന്നല്ല അസത്തിന് അധീനമായി അത് പ്രകാശിക്കുന്നല്ല അത് അസത്തിനെ കൂടാതെ അത് പ്രകാശിക്കുന്നില്ല എന്നാണ് അല്ല അസത്തിന്റെ അധീനം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് സത്തിനെ കൂടാതെ ജ്ഞാനം പ്രകാശിക്കുന്നില്ല അത്രയേ ഉള്ളൂ എന്നുവെച്ചാൽ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ അസത്തിനെ അത് ആശ്രയിക്കുന്നു എന്നുള്ള അർത്ഥം തന്നെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് പ്രത്യേക തപസ്സിയെല്ലാം അങ്ങനെയില്ല അസത്തിനെ കൂടാതെ അത് പ്രകാശിക്കുന്നില്ല അത്രയേ ഉള്ളൂ വിധി പറയുന്നു അഹോ അസത്പക്ഷപാതല്ലോ നിങ്ങളുടെ ഈ അസത്പക്ഷപാതം അത് വളരെ ആശ്ചര്യമായിരിക്കുന്നു എന്തിൻ്റെ ഈ പ്രത്യേകത്തിന്റെ ഈ പ്രത്യേകത്തിന്റെ അസത്പക്ഷപാതം എന്നു വളരെ വിചിത്രമായിരുന്നു അസംന്ന് വെച്ചാൽ പ്രത്യേകത്തിന്റെ വളരെ രസകരമാണല്ലോ എന്താണ് ഏതായും ആ തതുപത്തി ആ താത്മാദിനാഭാവം ഏതാണ് പറയുന്നു അസത്തിനെ കൂടാതെ പ്രത്യേകം നിലനിൽക്കില്ല അവിനാഭാവമാണ് എന്നു വെച്ചാൽ അത് വ്യാപ്യമാണ് എന്നാണ് ഈ പറയുന്നത് നിങ്ങൾ പറയുന്നത് എവിടെ എവിടെ പ്രത്യമുണ്ടോ അവിടെ എവിടെയൊക്കെ അസത്തുണ്ടോ എന്നാണ് നിങ്ങൾ പറയുന്നത് ഈ വ്യാപ്തി ശരിയാകും എന്തുകൊണ്ട് അങ്ങനെ ഒരു വ്യാപ്തി വേണമെങ്കിൽ ഒന്നുകിൽ അസത്തിൽ നിന്ന് പ്രത്യേകം ഉണ്ടാകണം അല്ലെങ്കിൽ പ്രത്യേകത്തിന് അസത്തിനോട് താതാമ്യം വരണം രണ്ടിലെന്തെങ്കിലും സംഭവിക്കുന്നത് ഉദാഹരണം വന്നിയിൽ നിന്നും ധൂമുണ്ടായതുകൊണ്ടാണ് ധൂമത്തിന് വന്യയുടെ വ്യാപ്യമായിരിക്കാൻ പറ്റുന്നത് എത്ര ധൂമ തത്ര വന്യ അത് വന്നിയിൽ നിന്നും ധൂമം ഉണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ എത്ര വൃക്ഷത്വം തത്ര ആമ്രത്വം ആമൃത്വവും വൃക്ഷത്വവും താതാമ്യവുമായതുകൊണ്ടാണ് അങ്ങനെ വ്യാപ്തി പറയാൻ കഴിയുന്നു ബൗദ്ധന്മാർ പറയുന്നത് ഒന്നുകിൽ കാര്യകാരണഭാവം വേണം അല്ലെങ്കിൽ താതാമ്യം വേണം താതാമ്യ സംബന്ധമുള്ളിടത്തെ വ്യാപ്തി പറയാൻ പറ്റും അപ്പൊ ഇവിടെ എന്താ വ്യാപ്തി പറയുന്നത് ഇവിടെ ജ്ഞാനമുണ്ടോ അവിടെ അസത്തുണ്ടോ അപ്പൊ ചോദിക്കുന്നു ഇതെന്താണോ ജ്ഞാനോ അസത്തും തമ്മിൽ താതാത്മ്യമാണോ അതില്ല അസത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടായതാണോ അത് വരും പിന്നെ എങ്ങനെ ജ്ഞാനം അസത്തിന്റെ വ്യാപ്യമാണോ ജ്ഞാനത്തിനെങ്ങനെ വ്യാപ്തി വരും അത് വരത്തില്ല എന്ന് അയം ആ തതുത്പത്തി അയം എന്ന് വെച്ചാൽ ആ തതുപത്തി അസത്തിൽ നിന്നുണ്ടായതല്ല ആ തഥാത്മാ സത്തിനോട് താതമ്യത്തിൽ ഇരിക്കുന്നതുമല്ല തത് അവിനാഭാവനിയമം പക്ഷെ അതിനെന്താണ് അതിന്റെ വ്യാപ്തിയുണ്ട് അവനാഭാവനിയതം എന്ന് വെച്ചാൽ വ്യാപ്തം അസത്തിന് വ്യാപ്തമാണ് പ്രത്യയം എന്ന് പറയുന്നത് തത് പ്രത്യയം അത് പറയാൻ അതുകൊണ്ട് നമ്മളീ പറയുന്ന എന്താണ് അസത്പ്രകാശനം എന്ന് പറയുന്ന ജ്ഞാനം അസത്തിനെ പ്രകാശിപ്പിക്കുന്നു അല്ലെങ്കിൽ ജ്ഞാനത്തിലിരിക്കുന്ന അവിദ്യാശക്തി അസത്തിന് പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് ചിന്തിച്ചാൽ നനക്കുന്ന ഒരു കാര്യമല്ല പ്രധാനമായിട്ടും ജ്ഞാനവും അസത്വം തമ്മിൽ ബന്ധം നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റില്ല അതെങ്ങനെ ജ്ഞാനോ അസത്തിനെ പ്രകാശിപ്പിക്കും കാരണം അസത്വം എന്ന് വെച്ചാൽ അന്ധ്യാപത്രിപ്പൊലെയാണ് അതിനെങ്ങനെയാണ് അതിനെങ്ങനെ ജ്ഞാനത്തിന് പ്രകാശിപ്പിക്കാൻ അതുകൊണ്ട് ശൂന്യവാദം ശരിയല്ല വിജ്ഞാനം ശൂന്യത്ത് പ്രകാശിപ്പിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് വാത ശരിയല്ല തസ്മാ അത്യന്തസന്ത ശരീരേന്ദ്രിയാതയോ അതുകൊണ്ട് സത്കാരിവാദി പറയാണ് ശരീരേന്ദ്രിയതോ എല്ലാം എന്താണ് അത്യന്ത അസത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്തത്വ അത് ശൂന്യമായിരിക്കും എന്നാ അനുഭവ വിഷയ ഭവിതമർജന്തി അങ്ങനെയാണെങ്കിൽ അത് സത്കാവാദി പറയുന്നു ആരോട് പറയുന്നു ശൂന്യവാദി പറയുന്നു നമ്മൾ ഈ പറയുന്നതനുസരിച്ചാണെങ്കിലും ശരീരേന്ദ്രിയാദികളെല്ലാം ശൂന്യമാണ് എങ്കിലത് അനുഭവത്തിനു വിഷയമാകത്തില്ല ശൂന്യം ഒരിക്കലും അനുഭവത്തിന് വിഷയമാകത്തില്ല അത്ര മഹ സിദ്ധാന്തം പറയാൻ വേണ്ടി സത്കാരിവാദിയെ ഖണ്ഡിക്കുകയാണ് നിസ്തം ചേച്ചര മരീചയോയാസു നിന്ന അനുഭവഗോചര ശൂന്യമാണെങ്കിൽ അനുഭവത്തിന് വിഷയമാവില്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് ആ ഒരു പറയുന്നു ശൂന്യമാണെങ്കിൽ അനുഭവത്തിന് വിഷയം അതാണ് നിസ്തത്വം ചെറുതഗോചര എന്നാണ് പറയുന്നത് കിമിതാനീ അതുകൊണ്ട് മരീചയോപി തോത്യാത്മനാ സഹ മരീചികൾ ജലരൂപത്തിൽ ായത് കൊണ്ടാണോ സത്താണോ വിരണങ്ങൾ ജലരൂപത്തിൽ സ്വത്താണോ നിങ്ങൾ പറയുന്നു അസത്ത് അനുഭവത്തിന് വിഷയമാകും അപ്പൊ മരുഭൂമിയിൽ ജലം അനുഭവ വിഷയമാണല്ലോ അവിടെ ജലമില്ല പിന്നെന്താണ് ആ മരിച്ച മരീചിയാണല്ലോ അവിടെ ഉള്ളത് ജലം അല്ലല്ലോ അപ്പൊ ആ മരീചി സത്താണോ എന്ന് ചോദിക്കുന്നു മരീചയോപി തോയാത്മന സത്വ ഏത് അനുഭവഗോചരാസ്യവും അവിടെ എന്തായാലും വെള്ളം കാണുന്നുണ്ടല്ലോ അസത്താണെങ്കിൽ വെള്ളം അസത്താണെങ്കിൽ അനുഭവത്തിന് വിഷയമാകത്തില്ല എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാവിടെ വെള്ളം അനുഭവത്തിന് വിഷയമാകുന്നു മരീചി ജലരൂപത്തിൽ സത്തായിരിക്കുന്നോണ്ടാണ് അവരോട് ചോദിക്കുകയാണ് മരീചിയൂപി തോയാത്മന സത്തത്വമായത് അനുഭവഗോചരാസ്യവും നസതത്വ അതങ്ങനെ വരാൻ പറ്റില്ല ഒരിക്കലും എന്താണോ മരീജി ജലരൂപത്തിൽ സത്തല്ല മരീജ് മരീചിരൂപത്തിലാണ് സത്വം ജലരൂപത്തിലൊരിക്കലും സത്തല്ല എന്ന് പറയേണ്ടി വരും എന്തുകൊണ്ട് തദാത്മനാ മരീജി നാമസത്വം ജലരൂപത്തിൽ ഒരു മരീജിയില് മരീചി ജലരൂപത്തിലും സത്തല്ല എന്തുകൊണ്ടല്ല ണോ സത്കാ ജനരൂപത്തിൽ ദീതം ഹി വസ്തുവിനാൻ തത്വം വസ്തുവിന്റെ യാഥാർത്ഥ്യം രണ്ടു നിരത്തി വരാം അങ്ങനെ സത്വ അസത്വം ച സത്തായും വരാം വസ്തുവിന്റെ സ്വരൂപം വസ്തുവിനാൻ തത്വം വസ്തുവിന്റെ സ്വരൂപം രണ്ടു നിരത്തി സത്വ അസത്വം അതെങ്ങനെയാണ് അവർ പറയുന്നത് തത്ര പൂർവം സ്വത സ്വയം അത് സത്തായിരിക്കാം പരന്തും പരത അപ്പോൾ മരീചി മരീചിരൂപത്തിൽ സത്താണ് ജലരൂപത്തിൽ അസത്താണ് അതാണ് പൂർവം എന്ന് വെച്ചാൽ സ്വരൂപത്തിൽ മരീചരൂപത്തിൽ എന്താണ് സ്വത സ്വത്വം പരന്താണ് അസത്വം എന്ന് പറയുന്നത് ഇങ്ങനെ പരത ഗജരൂപത്തിൽ ആഹു ം പറഞ്ഞിട്ടുണ്ട് സ്വരൂപരൂട്ടം പറഞ്ഞിട്ടുണ്ട് സ്വരൂപരൂപാഭ്യാം നിത്യം സദാസദാത്മകേ സ്വരൂപത്തിൽ സത്വം പരൂപത്തിൽ അസത്വമായിരിക്കുന്നു മരീജ സ്വരൂപത്തിൽ സത്വം ജലരൂപത്തിൽ അസത്തുമായിരിക്കുന്ന വസ്തുക്കളിൽ അങ്ങനെയുള്ള വസ്തുക്കളിൽ കിഞ്ചത് രൂപം ഏതെങ്കിലും ഒരു രൂപം അതായത് ചിലപ്പം മരീചിയെ മരീചരൂപത്തിൽ സത്തായി കാണും ചിലപ്പോൾ മരീചിയെ ജലരൂപത്തിൽ അസത്തായി കാണും അതാണ് കിഞ്ചത് രൂപം കൈച്ച് ഒരു വ്യക്തിക്ക് എന്താണ് മരീചയിൽ ജലം കാണണമെങ്കിൽ വേറെ വ്യക്തിക്ക് മരീചയിൽ മരീചെന്നെ കാണും കഥാകന ചിലപ്പോൾ ന്യായത്തെ ഇതിങ്ങനെ പലതരത്തിൽ അനുഭവം ഉണ്ടാവും പലർക്കും കഴിച്ച് ചിലർക്ക് ഒരു രൂപം കഥാചനം ചിലപ്പോൾ അനുഭവപ്പെടും വേറൊരാൾക്ക് വേറെ രൂപം വേറെ അനുഭവപ്പെടും മലീജയും മരീചിയായി കാണുമ്പോൾ എന്ത് ചെയ്യുന്നു സത്തായ മരീചേന കാണാം മരീജിയെ ജലമായി കാണുമ്പോഴോ പലരൂപത്തിൽ അസത്തായ കാണാം ഇതൊക്കെ പലർക്കും പലതരത്തിലാണ് എന്നു പറയും അപ്പ അവരോട് ചോദിക്കുകയാണ് തത്കം മരീജിഷ തോയ നിസ്ഭാസപ്പെടുത്തിയ തത്വ എന്താണ് നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് പറയുന്നത് മരീചിയിൽ കാണുന്ന ആ തോയജ്ഞാനം അത് എന്താണ് യാഥാർത്ഥ്യത്തെയാണോ വെളിപ്പെടുത്തുന്നത് എന്താണ് തത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത് എന്ന് ചോദിക്കും ഇപ്പൊ മരുഭൂമിയിൽ കാണുന്ന ജലജ്ഞാനം തത്വത്തെ വെളിപ്പെടുത്തുന്ന പറഞ്ഞാൽ എന്താണ് അത് സത്യമായ ജലത്തെയാണ് വെളിപ്പെടുത്തുന്നത് അത് സത്യമായ മരീചിയാണോ വെളിപ്പെടുത്തുന്നത് എന്തിനാണ് വെളിപ്പെടുത്തുന്നത് നിർഭാസപ്പെടുത്തിയ തത്വോചര തഥാച സമീചനാബാധ്യത അവിടെ കാണുന്ന ആ ജലജ്ഞാനം സത്യത്തെയാണ് വെളിപ്പെടുത്തുന്നതെങ്കിൽ അവിടെ സത്യമായ ജലത്തെ വെളിപ്പെടുത്തുന്നു എന്ന് പറയുമെങ്കിൽ സത്യമായ ജലത്തെയാണ് വെളിപ്പെടുത്തുന്നതെങ്കിൽ എന്താണ് ആ കാണുന്നയാളാണ് ഭ്രാന്തി ഇല്ല അയാളുടെ ജ്ഞാനത്തിന് ബാധയും സംഭവിക്കത്തില്ല പക്ഷെ ഇത് കാണുന്നയാള് ഭ്രാന്തിനാണ് ബാധയും സംഭവിക്കുന്നത് സിദ്ധാന്തി അതാണ് തഥാച ഇവിടെ കാണുന്നത് മരുഭൂമിയില് കാണുന്ന ആ ജലം എന്താണ് യഥാർത്ഥ ജലമാണെങ്കിൽ സമീചയം അവിടത്തെ ഞാനും ശരിയാണ് യഥാർത്ഥമാണ് ഭ്രാന്ത കാണുന്നയാള് ഭ്രാന്തനല്ല നീ ബാധ്യത ആ ഞാനത്തിന് ബാധയുണ്ടാകത്തില്ല സിദ്ധാന്തി പറയും ോയാത്മ തത്വാൻ തോയാത്മനാ ദൃീയാ അല്ല ഇനി പറയുന്നു അവിടെ എന്താണ് ഒരാൾക്ക് ബാധയുണ്ടാകുന്നത് മരുഭൂമിയിലെ ജലം ഞാനമുണ്ടായി മരിച്ച ജലമായി കൊണ്ട് അദ്ധാന ബാധ്യത ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്കവിടെ ബാധാനം ണ്ടാകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് തീരുമാനിക്കേണ്ടി വരും മരീചിൻ അതോയാത്മതത്വാൻ അതോയാത്മനാകരണിയാണ് മരീചി തോയമല്ലല്ലോ മരീചിയെ തോയമല്ലാതെ ഗ്രഹിക്കുന്നു മരീചിയായിട്ട് ഗ്രഹിക്കുന്നു അതുകൊണ്ട് ബാധ ഉണ്ടാകുന്നില്ല എന്താണ് അങ്ങനെ പറയാൻ കാരണം നേരത്തെ പറഞ്ഞു അവർ പറയുന്നതാണ് സത്കാരിവാദി ഒരു വസ്തുവിനെ ചിലപ്പോ സ്വരൂപത്തി ഗ്രഹിക്കാം ചിലപ്പോൾ പരരൂപത്തിൽ ഗ്രഹിക്കാം അത് ആര് എങ്ങനെ കാണുന്നു എന്നാൽ എപ്പോൾ കാണുന്നു എന്നുള്ളത് അതിനനുസരിച്ചിരിക്കും ഒരാൾ ഒരു സമയത്ത് മരീചിയെ മരീചിയായി കാണുകയാണെങ്കിൽ മറ്റൊരാൾ വേറെ സമയത്ത് എന്ത് ചെയ്യും മരീചയെ തോയമായി കാണും അപ്പം മരീചയിൽ കാണുന്ന ജ്ഞാനത്തിന് എന്താണ് ഭ്രാന്തി ഇല്ലെന്നു പറഞ്ഞു ഞാൻ എൻ്റെ അർത്ഥം എന്ത് ചെയ്യുന്നു ജലമല്ലാത്ത മരിചി മരീചിയോട് ജലമല്ലാതെ കാണും അപ്പം ഭ്രാന്തി ആകത്തില്ല എന്നുവച്ചാത് മരീചിയായിട്ട് കാണുന്നു ആണ് പറയുന്നത് ബാധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ബാധിക്കില്ലെന്ന് പറയുന്നു ബാധിക്കില്ലെന്ന് പറയാം അതാ ബാധ്യത എതി അങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം മരീചിയൻ ആ തോയാത്മതത്വമാണ് ജലമല്ലാത്ത മരീചിയെ അത്വയാത്മനാ കഴിയാണ് ജലമല്ലാതെ ഗ്രഹിക്കുന്നത് കൊണ്ട് ബാധിക്കുന്നില്ല എന്ന് പറയാം പക്ഷെ ഇവിടെ ഇപ്പങ്ങനെയല്ല തോയാത്മനാഥകരണ് മരിചൊരാള് ജലമായിട്ട് തന്നെ കാണുകയാണ് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറയുന്നു കഥമാഭ്രാന്ത അയാളെങ്ങനെ ഭ്രാന്തനാകാതിരിക്കും കഥം അബാധ്യ എങ്ങനെ ബാധ്യ സംഭവിക്കാതിരിക്കും സിദ്ധാന്തി പറയു മരിയെ മരിചയായിട്ട് ആണ് മനസ്സിലാക്കുന്നതെങ്കിൽ അവിടെ ഭ്രാന്തി പക്ഷെ മരിചയെ ജലമായിട്ട് ധരിച്ച എന്തോ ഭ്രാന്തി അംഗീകരിച്ചേ പറ്റൂ എന്ന് സിദ്ധാന്തി പറയുന്നു ഹ അതുമാത്രമല്ല എന്താണ് തോയ അഭാവാത്മനാം മരീചീനാം തോയ ഭാവാത്മത്വം താവുന്ന സത്ത് ഇനി പറയുന്നു എന്തായാലും മരീചി ജലമല്ല ആ മരീചി ഒരാൾ ജലമായി കാണുന്നുണ്ട് എങ്കിൽ അവിടെ എന്താണ് അത് സത്തല്ല അവിടെ കാണുന്ന ജലം സത്തല്ല അതാണ് എന്താ തോയ അഭാവാത്മനാം മരിക്കുന്നത് തോയമല്ലാത്തതായ മരീച്ചിയെ തോയത്തിൻ്റെ അഭാവരൂപത്തിൽ മരീച്ചയെ തോയ ഭാവാത്മതാം തവയ ഭാവാത്മത്വം അത് തോയമായി ഇരിക്കുകയാണെങ്കിൽ തവന്ന സത്ത് ആ തോയം സത് സത്യമല്ല എന്തായാലും തോയമല്ല പക്ഷെ നിങ്ങളതിന് തോയമായി അറിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും മരീജി അഭേദമായി തോയമാകത്തില്ല അഭേദന തോയഭാവാത്മതാനുഭവത്തെ അതൊരിക്കലും സാധിക്കുന്ന കാര്യം ജലം മരുഭൂമിയിലെ ജലം അഭേദമായി മരിച്ച ആകത്തില്ല ഭ്രാന്തിയായിട്ടാ അഭേദമായിട്ടത് മരുഭൂമിയിലെ ആ കിരണങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഭ്രാന്തി ഉണ്ടാകുകയാണെങ്കിൽ എന്താണ് ആ കിരണങ്ങളൊരിക്കലും അഭേദമായി ജലമാകത്തില്ല അതുകൊണ്ടെന്താണ് മരീചയിൽ ജലം കാണുകയാണെങ്കിൽ അത് സത്തെന്ന് പറയാൻ പറ്റത്തില്ല നാപ്പ്യസത്ത് ഇനി അവിടെ കാണുന്ന മരുഭൂമി കാണുന്ന ആ ജലം മന്ധ്യാപത്തെണ്ണ പോലെ അസത്താണോ സത്തല്ലെന്ന് പറഞ്ഞു മരുഭൂമി കാണുന്ന ജലം മന്ധ്യാപത്തിണെ പോലെ അസത്താണോ നാപ്യസത്ത് അതുമല്ല എന്താണ് വസ്തുഅന്ധരമേവ ഹി വസ്തുഅന്ധരസ്യ അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഒരു വസ്തു സ്വരൂപത്തിൽ സത്വം വേർരൂപത്തിലേ അത് അസത്താകും മരീജി രൂപത്തിൽ സത്തും ജലരൂപത്തിലേ അത് അസത്താകത്തുള്ളൂ എന്താണ് അസത്വം അത് ശൂന്യമാകത്തുള്ളൂ വസ്തുതരമേവ ഹി ഒരു വസ്തു വസ്തുവന്തരസ്യ മറ്റൊരു വസ്തുവിന്റെ അസത്വം ആസ്തീയത എന്തുകൊണ്ട് ഭാവാാന്തരം അഭാവവും അന്യം അനിരൂപണം ഭാന്തര അഭാവം എന്ന് പറയുന്നത് എന്താണ് ഭാവാാന്തരമാണ് മറ്റൊരു ഭാവമാണ് പുസ്തകത്തിന്റെ അഭാവം എന്ന് പറയുന്നത് എന്താണ് മറ്റൊരു ഭാവമായ മേശയാണ് അതാണ് ഭാവാതരം പുസ്തകം അല്ല മേശ ഭാവാന്തരമായ മേസ ആണ് പുസ്തകത്തിന്റെ അഭാവം ന അന്യഹ മറ്റൊന്നുമല്ലാതെ നിരൂപണ അങ്ങനെ നിരൂപണം ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഇരുപതീ അങ്ങനെയുള്ളവർക്ക് എന്താണ് അവിടെ കാണുന്ന ജലത്തെ കാണുന്നുണ്ടല്ലോ അതിനെ ഒരിക്കലും അസത്ത് വന്ധ്യാപത്തിനെ പോലെ അസത് എന്ന് പറയാൻ കഴിയത്തില്ല അത് തന്നെ എന്തുകൊണ്ട് എന്താച്ചാ ആരോപിത രൂപം വസ്തുതരം എന്തുകൊണ്ട് അവിടെ കാണുന്ന ആരോപിതമായ ആ ജലം എന്താണ് അതായത് പുസ്തകം പുസ്തകരൂപത്തിൽ സത്വം മേശയുടെ രൂപത്തിൽ അസത്വമായിരിക്കുന്നത് പോലെ മരീചി മരീചി രൂപത്തിൽ സത്വം ജലരൂപത്തിൽ അസത്വം എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ശൂന്യം എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ആരോപിതരൂപം വസ്തുതന്തുരം അവിടുത്തെ ജലത്തെ നിങ്ങൾ മറ്റൊരു വസ്തുവെന്ന് പറയണമെങ്കിൽ ചോദ്യം മരീചിയോ ഭവേ ഗംഗാധിഗതം തോയം എന്താണ് ഭവാതരം അഭാവോഹി എന്ന് പറയുന്ന നിങ്ങളുടെ തത്വം മരുഭൂമി കാണുന്ന ജലം വസ്തുതരം എന്നല്ലേ പറയുന്നു മറ്റൊരു വസ്തുവാണ് അതെന്താണ് മരീചിയാണോ അതോ ഗംഗയിലെ ജലമാണ് എന്നാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് അഭാവം ഭാവാന്തരമാണ് മരുഭൂമിയിലെ ജലം അഭാവമാവണമെങ്കിൽ അത് ഭാവാന്തരമായിരിക്കും മേശ എന്താണ് അഭാവം എന്ന് പറയുന്നത് ഭാവാാന്തരമാണ് മേശയുടെ അഭാവമാണ് പുസ്തകം പുസ്തകം എന്ന് പറയുന്നത് ഭാവാാന്തരമാണ് അതേ അഭാവമാകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ പറയുന്നത് ജലം അസ്വത്താണെങ്കിൽ എന്താണ് പറയേണ്ടി വരും അത് പറ്റില്ല എന്നുവെച്ചാൽ ആരോപിതരവും വസ്തുതരും ജലം ഒരിക്കലും വസ്തുവാന്തരമാകത്തില്ല ആണെങ്കിൽ പറയേണ്ടി വരും എന്താണ് മരീചിയാണോ അതോ ഗംഗയിലെ ജലമാണോ എന്താണോ ഭാവാാന്തരം അഭാവം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായിരിക്കണം അത് ഭാവാന്തരമേ അഭാവമാവത്തുള്ളൂ അപ്പൊ ജലമെന്ന് പറയുന്ന അഭാവമാണെങ്കിൽ എന്തുവാണോ അത് മറ്റൊരു ഭാവമായിരിക്കണം ആ ഏത് ഭാവവും മരീചയാണോ ഗംഗയിലെ ജലമാണോ എന്ന് പറയുന്നത് ശരി മരീചിയെന്ന് പറഞ്ഞാലോ അത് മരീചിയാണ് അത് മരീചി സ്വരൂപേണ സത്വം ജലരൂപത്തിൽ അസത്വമാണ് മരീചിയാണ് അവിടെ കാണുന്നത് ഭാവാന്തരമാണെന്ന് പറഞ്ഞാലോ പൂർവ് സിങ്കൽ പേ അത് മരീചയാണെങ്കിൽ മരീചെയ്തി പ്രത്യേക മരീചി എന്നുള്ള ബോധം ഉണ്ടാവും ജലം ഒന്നെങ്ങനെ ബോധം ഉണ്ടാവും ഭാവാന്തര അഭാവം എന്നല്ലേ പറയും അഭാവം എന്ന് പറയുന്ന മറ്റൊരു ഭാവമാണെന്നാണ് അപ്പൊ അവിടെ കാണുന്ന ജലം മരീചയാണെങ്കിൽ അത് കാണുന്ന ആളെങ്ങനെ ബോധം ഉണ്ടാവും ഉദാഹരണം ഇപ്പം അഭാവം മേശയാണ് പുസ്തകത്തിന്റെ അഭാവം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് മേശയെ കണ്ട ഒരാളെന്താ പറയും മേശയെന്ന് പറയും എന്തുകൊണ്ടാ എന്താണ് ജലം എന്ന് പറയുന്നത് മരുഭൂമിയില മറ്റൊരു വസ്തുവെന്ന് പറഞ്ഞാൽ അത് മരിചിയാണോ മരിചിയാണെങ്കിൽ മരിചിന്നുള്ള ബോധം ഉണ്ടാകും ജലമെന്നുള്ള ബോധം ഉണ്ടാകത്തില്ല പൂർവത്തിൻകൾ പേ ണെങ്കിൽ മരീചയിലേക്ക് പ്രത്യേകിച്ച മരീചിയൊന്നും ബോധവേ ഉണ്ടാവത്തുള്ളു എന്നാ തോയമില്ല തോയൊന്നും ഉണ്ടാവത്തില്ല അവിടെ കാണുന്ന ജലം വസ്തുരമാണെന്ന് പറഞ്ഞ എന്താണ് ഗംഗയിലെ വെള്ളമാണോ ഉത്തരസ്മിന് രണ്ടാമത്തെ പക്ഷം ഗംഗാജലമാണോ ആണെങ്കിൽ എന്തോരം ഗംഗായം തോയിമെത്തിസ ഗംഗയിലെ ജലം ഒന്നാണ് ബോധം ഉണ്ടാവുന്നത് എന്നാ പുനരിഹേരി ഇവിടെ ജലം എന്ന് ബോധം ഉണ്ടാകത്തില്ല കാരണം ഇത് ഗംഗയല്ലോ മരുഭൂമിയിലാണ് ഒരാൾക്കെന്തുന്നത് ജലജ്ഞാനം ഉണ്ടാവും ആ ജലം എന്ന് പറയുന്നത് വസ്തുതരമാണെന്ന് വെച്ചാൽ ഗംഗാജലമാണെങ്കിൽ അയാൾക്ക് എങ്ങനെ ബോധം ഉണ്ടാവും ഇഹ ജലം എന്ന് ബോധമുണ്ടാവും എന്തുകൊണ്ട് എന്തുകൊണ്ട് ബോധം ഉണ്ടാവുന്നില്ല മരുഭൂമി ഗംഗയില്ല മരുഭൂമിയിൽ ഗംഗയുണ്ടെങ്കിൽ എന്തുവരോ ഇഹ ജലോന്നുള്ള ബോധം ണ്ടാകത്തുള്ളത് കാരണം ജലം എന്ന് പറയുന്ന അവിടെ കാണുന്ന ജലം മരീചിയാണെങ്കിൽ മരീചിന്നുള്ള ബോധം ഉണ്ടാകും ഗംഗയിലെ ജലമാണെങ്കിൽ അയാൾക്ക് ബോധം ഉണ്ടാവണം അതായത് ഗംഗയിലെ ജലമാണെന്ന് ബോധം ഉണ്ടാവണം പക്ഷേ ഇവിടെ ഗംഗയിലെ ജലം എന്നല്ല ബോധം ഉണ്ടാവും ഇവിടെ എന്താ ബോധം ഉണ്ടാകുന്ന ഇവിടെ ജലമൊന്നാണ് മനസ്സിലായോ അതുകൊണ്ട് ഇത് മരീചിയല്ല ഗംഗാജലമല്ല ം പറയുന്നു ഗംഗാധലം തന്നെയാണ് പക്ഷെ ഗംഗ എന്നുള്ള കാര്യം മറന്നു ഞാൻ സ്മരിക്കുന്നില്ല അതുകൊണ്ടാണ് ജലമെന്നുള്ള ബോധം ഉണ്ടാകുന്നത് അങ്ങനെ പറഞ്ഞാലോ മരുഭൂമി കാണുന്ന ജലം എന്താണ് ഭാവാന്തരം മറ്റൊരു ഭാവമാണ് എന്ത് അത് ഗംഗയാണ് എന്നാ പിന്നെ ഗംഗാജലോന്നു ബോധമുണ്ടാകത്തത് ഗംഗ എന്നുള്ള മറന്നു ജലമെന്നുള്ള ബോധം ഉണ്ടാകുന്നു പറയുന്നത് അത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ ഒരാൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടെ ജലം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടെ എന്ന് പറയുന്ന എന്തിനെ മരുഭൂമിയാണ് ഗംഗ മറന്നുപോയെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഇഹ എന്ന് പറയുന്നത് എന്താണ് ഇത് മരുഭൂമിയുടെ ജലമാണ് ദേശഭേദാഗ്രഹണേ ഗംഗ എന്ന് പറയുന്ന ദേശം മറന്നു എന്നാണെങ്കിൽ തോയമേദിശ്യ ജലമെന്നേ വരെ പറയത്തുള്ളൂ ഇവിടെ നിന്നുള്ള ബോധം ഉണ്ടാകത്തില്ല അതുകൊണ്ടെന്താണ് നചയ്യം അത്യന്ത അസത് നിര സമസ്ത സ്വരൂപം അലീകമേവ അസ്തു സാമ്പ്രദം അതുകൊണ്ടെന്താണ് നചയിതം ഈ കാണുന്ന മരുഭൂമിയുടെ ജലം അത്യന്തം അസത് അന്ധ്യാപത്തിനെ പോലെ അത്യന്ത അസത്താണ് നിരസ്തസമസ്ത സ്വരൂപം ഒരു സ്വരൂപം ഇല്ലാത്തതാണ് അലീകം ശൂന്യമാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് ശരിയില്ല എന്തുകൊണ്ട് കഴിയില്ല തസ്യ അനുഭവ ഗോചരത്വ അനുഭവത്തെഹേ അങ്ങനെ ശൂന്യമാണെങ്കിൽ അതൊരിക്കലും അനുഭവത്തിന് വിഷയം ആകത്തില്ല വിത്യുക്ത മതസ്ഥുമുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അത്യന്തശൂന്യമാണെങ്കിൽ അനുഭവത്തിന് വിഷയമാകില്ല സത്കാരിവാദി എന്ന് പറഞ്ഞാണ് സത്കാരിവാദി പറഞ്ഞു ഒരിക്കലും അത്യന്ത അസത്തായിരിക്കുന്നത് വിഷയം നിസ്തത്വസന്ധി അനുഭവഗോചരാഹ എന്ന് നേരത്തെ പറഞ്ഞു നിസ്തത്വം ചെയ്യാനുഭവഗോചര അതുകൊണ്ട് എന്താണ് ഇതിനെ അസത്തെന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ സിദ്ധാന്തി പറയേ സത്കാര്യവാദിയോട് പറയേ ഇതിനത്വെന്നും പറയാൻ കഴിയത്തില്ല അപ്പോൾ ഇവര് സത്വ അസത്തെന്നുള്ള വിഭാഗം ഒന്നിങ്ങനെയാണ് ചെയ്യുന്നത് എന്താണ് എന്താണ് അനുഭവത്തിന് വിഷയമാകുന്നത് അതിനെ ഒരിക്കലും അസത്ത് എന്ന് പറയാൻ പറ്റിയില്ല സിദ്ധാന്തം പറയും അതുകൊണ്ട് എന്താണ് നസത് ഈ മരുഭൂമിയിലെ ജലം എന്ന് പറയുന്നത് സത്തല്ല നസത് സത് അസത്ത് ഉഭയം അല്ല എന്തുകൊണ്ട് പരസ്പര വിരോധ പരസ്പര വിരോധമാണ് സത്വസത്വം ഒരു വസ്തു രണ്ടും കൂടെ ആകത്തില്ല എന്നു ഒരു സർപ്പം എന്താണ് രജിസർപ്പവും യഥാർത്ഥ സർപ്പവും ആകത്തില്ല ഒരേ സർവസത്വമാകത്തില്ല രജുസർപ്പവും യഥാർത്ഥ സത്വം ഒരു സർപ്പത്തിനാകാൻ പറ്റത്തില്ല അനിർവാച്യമേ ആരോപണീയം ോയം ആസ്തേയം അതുകൊണ്ട് എന്ത് ചെയ്യണം അതുകൊണ്ട് അനിർവാച്യമേവാ അനിർവാച്യം സത്തല്ല അസത്തല്ല അനിർവാച്യമാണ് എന്നുവെച്ചാൽ ഈ രൂപത്തിലൊന്നും നിർവചിക്കാൻ കഴിയത്തില്ല എന്നിട്ട് അനിർവാച്യം മരീജിഷു അനിർവാച്യമേവോ ആരോപണീയം ഇവിടെ ആരോപിക്കപ്പെടുന്ന മരീജിഷു തോയം മരീജിഷു ആരോപണീയം തോയം അനിർവാച്യമേവോ ആസ്തേയം അനിർവാച്യം തന്നെ എന്തോ അനുവാസെന്ന് പറഞ്ഞാൽ എന്താണ് അസത്തെന്ന് പറയാൻ പറ്റുന്നില്ല സദസത്ത് എന്ന് പറയാൻ പറ്റുന്നില്ല പിന്നെ അസത് എന്ന് പറയാൻ പറ്റില്ല ഇനി സദാസത് ഉഭയവിലെന്ന് പറയാൻ പറ്റില്ല കാരണം അങ്ങനെയൊന്നുമില്ല സദസത് ഉഭയവിലണം അങ്ങനെ അതിൽ ഭിന്നമായിട്ട് നാലാമതൊന്നും നമുക്ക് ൂപ എന്നുള്ള എന്റെ അർത്ഥം പറഞ്ഞത് ഇവിടെ വ്യാഖ്യാനിക്കുകയാണ് സ്മൃതിരൂപം ഇവ സ്മൃതിരൂപ സ്മൃതിരൂപം പോലെ എന്ന് പറഞ്ഞാൽ അത്തര അനേനക്രമേണ ഇതുവരെ പറഞ്ഞ ഈ ക്രമം അനുസരിച്ച് അധ്യസ്ഥന്തോയം ആരോപിക്കപ്പെട്ട ജനം എന്ന് പറയുന്നത് എന്താണ് പരമാർത്ഥത്തോയം ഇവ നുമ്പ് കണ്ട യഥാർത്ഥ ജലം പോലെയാണ് അതേവ പൂർവദിഷ്ടം ഇവ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് പരത്ര പൂർവദിഷ്ട പൂർവദിഷ്ടം ഇവ എന്ന് പറഞ്ഞ് കണ്ട ജലത്തെ പോലെയിരിക്കുന്നു തത്വതസ്തു ന തോയം നജ പൂർവദിഷ്ടം കിന്തു അനർഥം അനർവാചം പിന്നെന്താണ് വാസ്തവത്തിൽ എന്താണ് ന തോയം ുമ്പ് കണ്ട ജനം അല്ല എന്നാ വെച്ചാൽ പൂർവിഷ്ടം മുമ്പ് കണ്ടതും അല്ല കിന്തു ഇവിടെ കാണുന്ന എന്താണ് മരുഭൂമി കാണുന്നത് അദ്വൈതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളായി പറയുന്നത് കാണുന്ന അനുഗമാണെന്നു വെച്ചാൽ മിഥ്യാണ് അണിർവാച്യം അനുദത്തിന്റെ വ്യാഖ്യാനമാണ് അനിർവാച്യം എന്ന് പറഞ്ഞാൽ എന്താണ് സത്തല്ല സത് അസത്തല്ല അസത്തല്ല സത് അസത് ഉഭയവില അങ്ങനെ ഒന്നില്ല അപ്രസിദ്ധമാണ് സതസത്ത് ഉഭയത്തിൽ നിന്ന് അന്യമായത് അങ്ങനെയൊന്നുമില്ലേന്ദ്രിയോ അനിർവാച്യോ അപൂർവോപി പൂർവ മിഥ്യപദർശിത്മനി അധ്യസത്തെ പ്രപഞ്ചം ദേഹം ഇന്ദ്രി മാത്രമല്ല പ്രപഞ്ചം മുഴുവൻ അണർവാച്യോ ഈ പറഞ്ഞ രീതിയിൽ സത്തല്ല അസത്തല്ല സദസതുപയമല്ല സദസുപയ വിഷണമല്ല അപൂർവോപി ഇത് മുമ്പ് ഉണ്ടായിരുന്നതും അല്ല എന്നുവച്ചാൽ മുമ്പൊരു യഥാർത്ഥ പ്രപഞ്ചം ഉണ്ടായിരുന്നതല്ല യഥാർത്ഥ ദേഹം ഉണ്ടായിരുന്നതല്ല അപൂർവോപി എന്ന് പറഞ്ഞാൽ എന്താണ് മുമ്പ് ഇല്ലായിരുന്നതെന്ന് പറയാം മുമ്പുണ്ടായിരുന്നൊരു യഥാർത്ഥ ശരീരമോ യഥാർത്ഥമായ പ്രപഞ്ചമോ അല്ല പിന്നെന്താണ് പൂർവ്വമിഥ്യാപ്ര ഉപദർശിത വിവ പൂർവ്വദിഷ്ടവ മുൻപ് ഇതെന്തായിരുന്നു മുമ്പ് ഇത് മിഥ്യ പ്രത്യുപദർശിതമാണ് മിഥ്യാജ്ഞാനത്ത് ഉണ്ടായിരുന്നാണ് മുമ്പ് പൂർവ്വജന്മത്ത് ശരീരേന്തിയും പ്രപഞ്ചമല്ല എന്തായിരുന്നു ഇതുപോലെ തന്നെ മിഥ്യാജ്ഞാനത്തിൽ നിന്നതാണ് മിഥ്യാജ്ഞാനം കാണിച്ചതെന്നാണ് പൂർവ്വ ദൃഷ്ടം ഇവ എന്ന് പറഞ്ഞത് പറയാണ് കഴിഞ്ഞു കണ്ടതല്ലേ കഴിഞ്ഞ കണ്ടത് എന്താണ് മിഥ്യയായി കണ്ടതാണ് പൂർവദൃഷ്ടം ഇവ പൂർവ്വമിഥ്യാപ്രതി ഉപദ്രശിക്കുക ഇവ പരത്ര ചിതാത്മാവിന് ചിതാമനിക്തമായി സമർത്ഥിച്ചു അധ്യാസം അധ്യാസലക്ഷണയോഗ ദേഹേന്ദ്രിയദി പ്രപഞ്ചബാധനം അധ്യാസലക്ഷണയോഗ എന്തുകൊണ്ട് ഉപന്നമായി അധ്യാസലക്ഷണം ഈ ശരീരേന്ദ്രിയ പ്രപഞ്ചത്തിൽ യോജിക്കുന്നു അധ്യാസരക്ഷണ യോഗാത ഉപകരണം തന്നെ അധ്യാസരക്ഷണം യോജിക്കുന്നത് കൊണ്ട് എന്താണ് ഇതെല്ലാം കുറവുഷ്ടമാണെങ്കിലും അന്നും ഇത് നിത്യം ഇപ്പോഴും എന്തേന്ന് വീണ്ടും ആരോപിച്ചിരിക്കുന്നു ഉപബാധിഷ്യത് ഈ ദയേന്ദ്രിയാദിപ്രപഞ്ചത്തിന്റെ ബാധ എങ്ങനെ സംഭവിക്കും പ്രജ്വല സർപ്പം ബാധിക്കുന്നതുപോലെ ബാധിക്കും അധശബ്ദത്തിന്റെ വ്യാഖ്യാനത്തെ വിശദീകരിക്കും ഉപാധീഷ ചിതാത്മാതു ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണഗോചര തന്മൂല ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവ സത്വനെയോ നിർവാചി ഇത് പ്രപഞ്ചത്തിന്റെ കാര്യം ചിതാത്മാവിന്റെ കാര്യം പറഞ്ഞാലോ ചിതാത്മാതു ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണഗോചര അതിന്റെയൊക്കെ വിഷയമാണ് അവിടെയൊക്കെയാണ് ഇതിനെ പ്രതിപാദിക്കുന്നത് ചിതാത്മാവിനെ തന്മൂല അതിനെ ആശ്രയിച്ചുള്ള തദ്രുദ്ധ അതിന് വിരുദ്ധമല്ലാത്ത ന്യായ നിർണ്ണീത യുക്തി കൊണ്ട് നിർണയിക്കപ്പെട്ടത് ശ്രുതിയെ ആശ്രയിച്ചുള്ളതും ശ്രുതിക്ക് വിരുദ്ധമല്ലാത്തതുമായ യുക്തി കൊണ്ട് നിർണ്ണയിക്കപ്പെട്ടതാണ് എന്ത് ചിതാത്മാവ് പിന്നെ എങ്ങനെയുള്ളതാണ് ശുദ്ധ ബുദ്ധ മുക്തസ്വഭാവ ശുദ്ധമാണ് ബുദ്ധമാണ് മുക്തമാണ് സത്യനൈവ നിർവാച അതിന് എന്തേ പറയാൻ പറ്റുമോ സത് എന്നുവച്ചത് അനിർവാച്യമല്ല എന്നർത്ഥം ചിതാത്മാവ് സത് എന്ന് നിർവചിക്കത്തക്കതാണ് അബാധിത അതിനൊരിക്കലും ബാധ സംഭവിക്കുന്നില്ല രജസർപ്പം പോലെ അത് ബാധിക്കുന്നില്ല സ്വയം പ്രകാശ് അസ്യസത്ത ഒരിക്കലും ബാധിക്കപ്പെടാത്ത സ്വയം പ്രകാശതയാണ് അതിന്റെ സത്ത സത്ത എന്ന് പറഞ്ഞാലും ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ ആണ് പറഞ്ഞാൽ സ്വയം പ്രകാശതയാണ് എന്താ അതിന്റെ സാജ സ്വരൂപമേവ എന്ന് പറഞ്ഞു പറയുന്നത് എന്താണ് ചിതാത്മാവിന്റെ സ്വരൂപമാണ് ചിത്ത എന്താണ് ചിതാത്മാവിന്റെ സ്വരൂപമാണ് അതിരിക്തമായി സത്താസാമാന്യം തർക്കികന്മാർ പറയുന്നവരെന്താണ് സത്താസാമാന്യ സമവായ സംബന്ധത്തിൽ ഇരിക്കുന്നില്ല അർത്ഥക്രിയാകാരിത എന്താണ് ബൗദ്ധന്മാർ പറയുന്ന പോലെ പറയുന്നതാണ് അർത്ഥക്രിയാ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ നമ്മള് എന്തുകൊണ്ട് സത്തെന്ന് അനുഭവിക്കുന്നു പുസ്തകം തുറന്ന് വായിക്കാം ഇതാണ് അർത്ഥക്രിയാ സ്ഥിതി കസേരി ഇരിക്കാം എന്നുവെച്ച പ്രയോജനമുള്ള പ്രവൃത്തികൾ ഇതിൽ നടക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് പറയുന്നത് സത്വം നല്ല പേരെ സത് ഇത് സത്വന്നുമല്ലാന്ന് ബൌദ്ധന്മാർ പറയുന്നത് അത് ശരിയല്ല സത് എന്ന് പറയുന്നത് എന്താണ് ചിതാത്മാവിന്റെ സ്വരൂപമാണ് സത്താസാമാന്യ സമവായോ അർത്ഥക്രിയാകാരതാവ ഇരി സർവം അവതാദം അങ്ങനെ ഇവിടെ ഇതെല്ലാം പൂർണ്ണമായി ദോഷരഹിതമായി തർക്കശുദ്ധി വരുത്തി തർക്കശുദ്ധി വരുത്തുക എന്നുവെച്ചാൽ തർക്കത്തിലൂടെ ചിന്തിച്ച് അതിന്റെ എല്ലാ ദോഷങ്ങളും മനസ്സിലാക്കി അതിനെ ശുദ്ധവും പൂർണവുമാക്കിയെന്ത് അദ്വൈത എന്ന് പറയുന്ന ഈ സിദ്ധാന്തം അതില് ഏതിനെ അധ്യാസം എന്ന് പറയുന്ന വിഷയം ഇവിടെ പൂർണമായി ചർച്ച ചെയ്ത് അതിലുള്ള എല്ലാ ദോഷങ്ങളും പരിഹരിച്ച് എന്നാണ് ഇവിടെ പറയുന്നത് ലക്ഷണോ അധ്യാസോ ഈ പറഞ്ഞ ലക്ഷണത്തോടു കൂടിയ അധ്യാസം എന്താണ് സ്മൃതിരുവത്രീയമാണിത് എല്ലാ ദാർശനികന്മാർക്കും ഇത് സമ്മതമാണ് പരീക്ഷ കാണാൻ തദ്ദേ പരം വിപ്രതിപത്തി പക്ഷേ ദാർശനികന്മാർക്ക് എന്താണ് ചിന്തിക്കുന്നവർക്ക് എന്താണ് തത്പരം അതിന്റെ വിശേഷതകളിൽ തദ്ദയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് അതായത് ഈ അധ്യാസം ഏതൊക്കെ തരത്തിലാകാം എന്നുള്ള കാര്യത്തിലാണ് അവർക്ക് അധ്യാസം എന്ന് പറയുന്ന എല്ലാവരും സ്വീകരിക്കുന്നുണ്ട് അത് അതിൻ്റെ വിശേഷതകൾ അഭിപ്രായ വ്യത്യാസമുണ്ട് വിപ്രത വ്യക്തിയെന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇതിയൊക്കെ അതുകൊണ്ട് അനുരുവചനീയതൃഢിതുമാവാ ഇതെന്താണ് ഇത് ഈ അഭിപ്രായം പലർക്കും പലതാസക്കും പക്ഷെ ഇത് അനർവചനീയമാണെന്നുള്ളതാണ് ആരുടെ പക്ഷം അതിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനിയുള്ള ചർച്ച ആണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്ന ഭാഷ എന്താണ് അന്യത്ര അന്യധർമ്മ്യാസന്തി ചിലരുടെ അഭിപ്രായം കേജിത്തോ എത്ര ഇതങ്ങ് നീണ്ടുപോകും ഇതെവിടെയാണ് പാചസ്മലി മിശ്രന്റെ അഭ്യാസങ്ങളെല്ലാം കാണുന്നത് മനസ്സിലായത് ഉടൻപുള്ളിയുടെ അറിവിന്റെ ആഴം എത്രയുണ്ടെന്ന് മനസ്സിലാവുന്നു വിസ്തൃതമായ വ്യാഖ്യാനം നമുക്ക് വരും എന്താണ് അജിയ കേജത്തു എത്രയേത് അധ്യാസ അഗ്രഹ നിബന്ധനോ ഭ്രമയി അടുത്ത ചിലര് വേറെ വർഷമാണ് തം കേജത് അന്യത്ര അന്യധർമ്മധ്യാസന്തി ഒരു കൂട്ടർ പറയും കേജത്തു ചിലരെന്താ പറയുന്നത് എത്രയേത് അധ്യാസ തദ്വിവേക അഗ്രഹ നിബന്ധനോട്ടർ പറയുന്നത് എന്താണ് അന്യേതു എത്ര ഏതധ്യാസ തസൈവ വിപരീതധർമ്മത്വകല്പനമായ ക്ഷത്തെ ഇങ്ങനെ പല അഭിപ്രായങ്ങളും സർവധാപി ഇത്രയും ചർച്ച ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരാൾക്ക് പഞ്ചഖ്യാതിയെ കുറിച്ചുള്ള അറിവെല്ലാം എങ്ങനെയാണ് പഴയ ദാർശനികന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാസം അതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാകും അത് ഭാഷ്യത്തിൽ നിന്ന് കിട്ടത്തില്ല ഭാമതിയിൽ നിന്നാണ് വിശദമായ കാഴ്ചപ്പാടുകൾ മനസ്സിലാവും ഭാമതി ശരിക്കും കേൾക്കാനുള്ള തയ്യാറെടുപ്പോടെ ഇരിക്കും ആഴത്തിൽ പോകേണ്ടിയും മനസ്സിലായത്